സ്വല പ്രവർത്തികൾ എഴുതുമ്പോൾ ലൂക്ക സുവിശേഷകൻ ഒന്നാം അധ്യായത്തിന് രണ്ടാം വാക്യം എങ്ങനെയാണ് എഴുതിയത് അവൻ കഷ്ടമനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു ഇന്ന് സഹോദരനിലൂടെ താൻ ഉയർത്തെഴുന്നതിൻ്റെ ശേഷം കർത്താവ് ചെയ്ത ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് കേട്ടുകൊണ്ടിരുന്നത് ഒരളവിൽ ഇന്ന് എത്രമാത്രം നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളായിരുന്നു കർത്താവ് എന്താണ് ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നാൽപ്പത് ദിവസത്തോളം കർത്താവ് എന്താ ചെയ്തത് താൻ സ്നേഹിച്ച തന്നെ കാത്തിരുന്ന കാത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ കണ്ട് അവരെ മനസ്സിലാക്കി അവിടെ ചെന്ന് അവരെ റെസ്റ്റോർ ചെയ്യുന്ന ആ തിരിച്ച് തനിക്ക് തനിക്ക് തനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് നീ എന്നുള്ള ആ ആ മുഴുവൻ സ്നേഹത്തിലേക്കും മടക്കി വരുത്തുന്ന കർത്താവൻ ശുശ്രൂഷ അതാണ് ഞങ്ങളൊക്കെ നാൽപ്പത് ദിവസത്തെ കർത്താവൻ ശുശ്രൂഷ ആ നിലയിലായിരുന്നില്ലേ എത്ര എത്ര സംഭവങ്ങൾ നമ്മളിന്ന് പലതും കേട്ടു ആ തോമസിനെ തിരിച്ചു കൊണ്ടുവരുന്നത് വിശ്വാസത്തിലുറപ്പിക്കുന്ന തോമസിനെ കത്താവ് വിശ്വാസത്തിലുറപ്പിക്കുമ്പോൾ യോഹനാനുസുശേഷം ഇരുപദ്ധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്കുമുള്ള വലിയൊരു ഉറപ്പ് കത്താവ് തരുന്നുണ്ട് എന്താണ് തോമസിനോട് പറയുന്നു ആ വിലാപ്പുറത്ത് കൈയിടുവാനൊക്കെ താൻ തോമസിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ടും തോമസിനെ യഥാർത്ഥത്തിലൊരു ഉറപ്പും ധൈര്യമുള്ളവനാക്കി തീർക്കുന്ന ആ ശുശ്രൂഷയിൽ നമ്മെക്കുറിച്ചും കത്താവ് പരാമർശിച്ചു എന്താണ് ഇരുപത്തി വാക്യം ഇരുപതിൻ്റെ ഇരുപത്തൊമ്പത് കാണാതെ വിശ്വസിച്ച നാം ഓരോരുത്തരും ഭാഗ്യവാനാണ് എന്ന് കത്താവ് പറയുക പിന്നെ ഇന്ന് കത്താവ് നമ്മുടെ ജീവിതത്തിനും സ്വർഗത്തിലെ പിതാവിൻ്റെ പലതഭാഗത്തിരുന്നു കൊണ്ട് ഇനി എന്നെ വിശ്വസിക്കുന്നവനൊക്കെ രക്ഷിച്ചോ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള അർത്ഥത്തിലിരിക്കുന്ന ആളല്ല ഇന്ന് നാം കണ്ടത് താന് മുഴുവൻ പ്രവൃത്തിയും പിതാവിൻ്റെ പ്രവൃത്തിയും പൂർത്തിയാക്കിയ ശേഷം വീണ്ടും നാൽപ്പത് നാൾ ഓരോ വ്യക്തികളുടെയും ആവശ്യമറിഞ്ഞ് അവരെ സഹായിക്കുന്നൊരു കർത്താവ് നമുക്ക് എത്ര എത്ര ഉത്സാഹിപ്പിക്കുന്ന വചനങ്ങളാണ് നമുക്ക് കേട്ടത് മറിയെ കാണുന്നു അല്ലേ മറിയ ഒരളവിൽ ആ തൻ്റെ തൻ സ്നേഹിച്ച തൻ്റെ ഗുരുവിനോടുള്ള സ്നേഹത്തിൽ ആ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് അവിടെ മറിയോട് ആ നിലയിലൊക്കെ അവനെവിടെയാണ് തോട്ടക്കാരനെന്നുള്ള ധാരണയിൽ എവിടെയാണ് അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തുകൊള്ളാം എന്നൊക്കെ പറയുമ്പോഴും കത്താവ് അവളെ ഉത്സാഹിപ്പിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ആക്കാണുന്നുണ്ട് പതിനേഴാമത്തെ വാക്യം ഇരുപതിൻ്റെ പതിനേഴിൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് അവരോട് പറയുക അതുപോലെ തന്നെ ആ എം ആ ഹൗസിലേക്ക് ഒരു പക്ഷേ ഒരു മടക്കി മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ നിന്ന് എം ആ ഹൗസിലേക്ക് ആ ശിഷ്യരെയും ആ നിലയിലൊക്കെ കത്താവ് വ്യക്തിപരമായി ചെന്ന് അവരോടൊപ്പം നടന്ന് അവരുടെ ആ അവിശ്വാസവും അവരുടെ ആത്മീയ അന്ധതയും ഒക്കെ നീക്കി ഞാനതിലൂടെ കാണുന്നത് ഇന്ന് കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷതാണ് നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ കണ്ടറിഞ്ഞ് പത്രോസിനെ പോലെ നമുക്ക് അത് കഴിഞ്ഞ് ഇന്ന് ബദൽ കൊറേന്ത്യൻ ലേഖനത്തിൽ നിന്ന് വായിച്ചപ്പോൾ അവിടെ തുടർന്നുള്ള നാടുകളിലും താൻ ചെയ്തതാണ് അല്ലേ കതാവ് പറയുന്നു അനന്തരം യാക്കോബിനും നമുക്ക് കതാവിൻ്റെ സഹോദരനെ പറ്റിയാണ് പറയുന്നത് യാക്കോബിനും പിന്നെ അപ്പസോന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി അഞ്ഞൂറിൽ പേർ അധികം ആൾക്കാർക്ക് പ്രത്യക്ഷനായി എന്നിട്ട് കതാവ് ഉത്ഥാനം ചെയ്ത് സ്വകാരോഹണം ചെയ്ത ശേഷം പത് പത്ര പൗലോസിനെയും ആ നിലയിൽ അകാല പ്രജ എനിക്കും പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതെന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പ്രവർത്തി നമ്മളെ നമ്മളെ വ്യക്തിപരമായി അറിയുന്നൊരു കർത്താവ് നമ്മിന്ന് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് മുന്നമേ അറിയുന്നൊരു കർത്താവ് അതിനു വേണ്ടി ഒരു കരുതലുള്ള കർത്താവ് പത്രവോസ്സിനെ തിരിഞ്ഞു നോക്കുമ്പോഴും അല്ലെങ്കിൽ പത്രവസ്റ്റിനു വേണ്ടി അത്തീക്കനലിൽ തന ആ മീൻ ആയിട്ട് കാത്തിരിക്കുമ്പോഴെല്ലാം നമുക്ക് എത്ര സ്പർശ്യതയോടെ പത്രിവശൻ്റെ ഹൃദയത്തിൻ്റെ ആ നിലവാരം അറിഞ്ഞ് ആ നിലയിൽ തന്നെയാണ് കർത്താവ് അല്ലാതെ ഒരു ദൈവമെന്ന തൻ്റെ ആ വലിയ ആ ആ വലിയ പ്രഭാവത്തിലല്ല കത്താവ് നമ്മളോട് ഇടപെടുന്നത് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്നുള്ള അളവിൽ പിതാവിൻ്റെ ആ സ്നേഹം നമ്മളെ കാട്ടി കാണിച്ചു തരാൻ കത്താവ് ഓരോ ഓരോ സാഹചര്യത്തിലൂടെയും നമ്മൾ നടത്തുകയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് ഇതാണ് കുറേ റോമലേഖനമെട്ടൻ്റെ നമുക്ക് വളരെ പരിചിതമായൊരു വാക്യം റോമൺ എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞെട്ടിൻ്റെ മുപ്പത്തി മുപ്പത്തിരണ്ട് അവിടെ ആ പ്രയോഗമാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഹിന്ദു ഭയങ്കര വാക്ക കർത്താവ് താനും പുത്രനും ഒന്നായിരുന്നു സ്വന്തം പുത്രമെ ആദരിക്കാതെ എന്തിനാ നമ്മെ ആദരിക്കാനായിട്ട് മക്കളെ മക്കളായി നമ്മളെ ആദരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും നാമ കത്താവിനെ തന്നെ ദൈവത്തിൽ പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകാനായിട്ട് അവനെ നമുക്ക് വേണ്ടി തകർത്ത് കളയാൻ തീരുമാനായി ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു കേൾപ്പിച്ച എല്ലാ വചനങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഞാനും ഏത് ഘട്ടത്തിലും മടങ്ങി വരാൻ പറ്റുന്ന അതാ സ്വ സ്വ ലോക്ക അല്ല ലേഖനത്തിൽ ലുക്ക അപ്പസ്വർ പ്രവർത്തിങ്ങനെ പറയുന്നു താന് നാൽപ്പത് നാൾ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് കത്താവ് കാണിച്ചു തന്നത് ഇന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കത്താവ് എങ്ങനെ ഇടപെടുന്നു എന്നാണ് ഈ നാൽപ്പത് ദിവസം കാണിച്ചു തന്നത് എന്നാണ് ലൂക്കോസോടെ പറയുന്നത് നാം എല്ലാം അനുഭവത്തിൽ പലപ്പോഴും ഈ വിധത്തിൽ മാനുഷികമായ തളർച്ചയും ഭയവും തകർച്ചകളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആശ്വസിക്കാം ആ കർത്താവിൻ്റെ ആ നോട്ടത്തെ നമുക്കും ഇന്ന് കേട്ടതുപോലെ വളരെ വളരെ മനോഹരമായിട്ടത് നമുക്ക് പറഞ്ഞു തന്നു ആ നിലയിൽ കർത്താവിൻ്റെ ആ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് എന്നോട് എപ്പോഴും മനസ്സലിവുള്ളൊരു കർത്താവ് ആ കത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ജനനത്തിന് ഒരിക്കൽ